നാം അവർക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളിൽ ചിലത് നിന്നെ കാണിക്കുകയോ അല്ലെങ്കിൽ നിന്നെ മരിപ്പിക്കുകയോ ചെയ്താൽ അവരുടെ മടക്കം നമ്മിലേക്കാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുസുബാന ഹൂവത്ത അല സാക്ഷിയായിരിക്കും